se e ലക്ഷണമിം വ്യക്തം ഭവിഷ്യതിർ ഓവ പച്ചത്രീതം തദപ്യോംവ സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞസോനവിശതിമുഖ പ്രവിക്തേജസോ ദ്വിതീയ പാദ യുക്തോ നമം കാമയത്തിന കുക്തം സഷുപ്താനീഭൂത പ്രജ്ഞാനഘനന്ദമയൂഹ്യനന്ദഭുക്േദോമുഖപ്രതൃതീയപ ന്തഷ യോനി പ്രഭവാപ്യോ മന്ദ പ്രജ്ഞം നഹിപ്രജ്ഞം നോ ഭേദ പ്രജ്ഞം ന പ്രധനം ന പ്രം ന അദൃശ്യം വ്യവഹാര്യമ്രാഹ്യം അലക്ഷണം അചിന്യദേശ്യം ഏകാത്മ പ്രതിസാരം പ്രപഞ്ചോപം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന് സ ആത്മാ പദ മാത്രാഗരിതസ്ഥാനോ വൈശ്വാലരോ അക്കാര പ്രഥമാത്ര ആപ്തിരാദിമുവാൻ വപനോതിഹ വൈ സർവാൻ കാതിഷേ സ്വപ്നസ്ഥാനത്തേജസ ഉോ ദ്യാത്ര ഉത്കർഷാ ഉഭയവാൻ വ ഉത്കർഷരി വൈ ജ്ഞാനസന്തതി സമാനശ്ചൂതി ബ്രഹ്മവിഭൂമേദ സുഷുക്തസ്ഥാനാ മകൃതീയാ മാത്രമേ രാപീർവാ വിനോദിഹവാ ഇതം അപീരിച്ചേദ മാത്രോഹാര പ്രപഞ്ചോപശമശോ ആത്മേക സംവിശതി ആത്മനേദ ജനയേത് കാരണം പ്രതിഷേധ്യത്തി ചർച്ച ചെയ്തത് സംഭൂതിയെ സംഭൂതി എന്ന് പറഞ്ഞാൽ ഭാഷകാരം വ്യാഖ്യാനിച്ചത് ഹിരണ്യഗർഭൻ അഹിരണ്യഗർഭൂപാസന ഇത് ഈശാവാസി ഉപനിഷത്തിന് പരാമർശിക്കുന്ന കാര്യമാണ് അഹിരണ്യഗർഭൂപാസനയെ അവിടെ നിഷേധിച്ചിരിക്കുന്നു കാര്യഭ്രഹ്മം എന്നും പറയാം കാര്യബ്രഹ്മത്തെ കാര്യബ്രഹ്മപാസനെ നിഷേധിച്ചിരിക്കുന്നു അതുകൊണ്ട് സംഭവം സർവകാര്യങ്ങളിൽ നിഷേധിച്ചിരിക്കുക താല്പര്യ സർവകാര്യങ്ങളിൽ നിഷേധിക്കുക അതാണ് അതൈവ സംഭൂരപവാദ സംഭൂതിയെ നിഷേധിച്ചിരിക്കുന്നു സംഭൂത്യുപാസന കൊണ്ട് അമൃതത്വം മോക്ഷം സഭ്യമല്ല അത് മോക്ഷ സാധനമല്ലാപേക്ഷമേവ സത്വം അതിന്റെ സത്വം അപേക്ഷികമാണ് പരമാർത്ഥ ആത്മേകത്വ അപേക്ഷ അന്നടദാക്ഷി സംഭവ പ്രതിഷേധ സംഭൂതിയെ നിഷേധിക്കുന്നതിലൂടെ അർത്ഥാത് സംഭവ സർവ്വകാര്യങ്ങളെയും നിഷേധിക്കുകയാണ് സംഭവം സർവകാര്യങ്ങളും സർവകാര്യങ്ങളെങ്ങനെ നിഷേധിക്കുന്നു കാര്യങ്ങളില്ല കാര്യമെന്നു പറയുമ്പോൾ പ്രപഞ്ചമായി കാര്യങ്ങളില്ല എന്ന് നമ്മളെ വെറുതെ ബോധിപ്പിക്കുകയാണ് പരമാണുത്വ സദ് ആത്മ ഏകത്വം അതിനെ അപേക്ഷിച്ചിട്ടാണ് അതിനെ അപേക്ഷിച്ചിട്ടെന്നുള്ളതാണ് മുഖ്യമായി മനസ്സിലാക്കിയത് അനർദാഖ്യ അനർദം എന്ന് ആച്ഛയുള്ള പേരുള്ള അനൃത് എന്ന് പറയാവുന്ന അസത്യം എന്ന് പറയാവുന്നുള്ള സർവ്വകാര്യങ്ങളെയും പ്രപഞ്ചത്തെയും നിഷേധിക്കുന്നത് ആ പരമാർത്ഥസത്തായിരിക്കുന്ന ആത്മീയത്വത്തെ അപേക്ഷിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ പ്രപഞ്ചം അസത്യമാണെന്ന് പറയുമ്പോൾ നേരിട്ടുള്ള ഒരു നിഷേധമല്ല നമ്മൾ ലൗകികമായ എന്തിനെങ്കിലും ഒന്നിനെ ഇല്ല അല്ല എന്ന് പറയുന്ന പോലെയല്ല ശ്രുതി ഇവിടെ പ്രപഞ്ചത്തെ നിഷേധിക്കുന്നത് ആ നിഷേധത്തിന്റെ ഒരു അപേക്ഷയുണ്ട് പരമാത്മ വസ്തുവിനെ അപ്പോൾ ആ അപേക്ഷയെ മനസ്സിലാക്കാതെ നിഷേധത്തെ മനസ്സിലാക്കിയാൽ അത് അബദ്ധമായിരിക്കും അതൊരു ഭാഗികമായ അറിവായ്പരമാർത്ഥ വസ്തുവിനെ അപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ അപരമാർത്ഥികമായ ഒരു തലത്തിൽ അപാരമാർത്ഥികമായ തലമെന്താണ് നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും ഒന്നും വിഷയമല്ലാത്ത തലത്തിൽ അവിടെ പ്രപഞ്ചത്തെ നിഷേധിക്കുകയാണ് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാകും എന്തുകൊണ്ട് പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം വിഷയമായ ഒന്നാണ് നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും വിഷയമല്ലാത്ത ഒരു തലത്തിൽ സ്വാഭാവികമായും പ്രപഞ്ചം നിലനിൽക്കില്ല അപ്പൊ പ്രപഞ്ച നിഷേധം ആ ആത്മീയത്വത്തെ അപേക്ഷിച്ച് സാധ്യമാകൂ മറിച്ച് നമ്മൾ ധരിക്കുന്നതോ ജഗന് മിഥ്യ എന്ന് യോഗ പലതവണ നമ്മൾ ആവർത്തിച്ചിട്ടുള്ളതാണ് വീണ്ടും പറയുന്നത് അതിൽ വരാമെന്നുള്ള ആശയക്കുഴപ്പത്തെ പരിഹരിക്കാനാണ് ആത്മീയത്വത്തെ അപേക്ഷിച്ചതെന്ന് എന്തിനു പറയേണ്ടി വരും കാരണം പ്രപഞ്ചം നമുക്ക് അനുഭവമാവുന്നത് നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ കർമ്മങ്ങളിലൂടെയാണ് ഈ ശരീരമാകുന്ന സ്ഥൂല ശരീരമാകുന്ന ഉപാധി ആശ്രയിച്ചിട്ടാണ് ഈ ഉപാധി ആശ്രയിച്ചുകൊണ്ട് ഈ മനസ്സ് കാരണം ഇവയെല്ലാം ആശ്രയിച്ചുകൊണ്ട് ഇതിനെ നിഷേധിക്കുന്നില്ല അതിനെ നിഷേധിക്കാൻ സാധ്യവുമല്ലോ അതന്നെ ഇവിടെ ജഗത് മിഥ്യാത്വം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല കാരണം ഇതിനെ ആശ്രയിച്ചാണ് ഇത് ഏതെന്തിനെ ആശ്രയിച്ചാണോ ഇത് നിലനിൽക്കുന്നത് അതിനെ ആശ്രയിച്ചതിനെ നിരാകരിക്കാൻ സാധ്യവുമല്ല എന്ന് പറഞ്ഞാൽ ഈ ശരീരം സ്ഥൂലമായ ശരീരം ഈ മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കും കാരണം ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് ഈ പ്രപഞ്ചത്തിന്റെ കേവലം ഒരു അംശത്തിന് ഈ വിപുലമായ പ്രപഞ്ചത്തെ നിഷേധിക്കാനുള്ള ശേഷിയില്ല അത് അങ്ങനെ നിഷേധിക്കുന്നത് അസംഭവമായ കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ശരീരം മനസ്സ് ഇന്ദ്രിയങ്ങളെല്ലാം ആശ്രയിച്ചു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ ഇതിനാശ്രയിച്ചാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പെങ്കിൽ ഇതിനെല്ലാം ആശ്രയിച്ചു ഇതിനെ നിഷേധിക്കാൻ സാധ്യമല്ല ജഗത് മിഥ്യ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ധരിക്കുന്നതാണ് എന്താണ് ഈ വസ്തു ഇരിക്കുന്നു പറയുന്നു ഈ വസ്തു ഇല്ലാത്തതാണ് വസ്തുവിന്റെ ഉണ്മയെക്കുറിച്ചുള്ള അനുഭവം വസ്തുവിന്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള അനുഭവം നമ്മുടെ കർണങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ് അവിടെ അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തുവരും അത് വ്യാഘാതം വരും പരസ്പര വൈരുദ്ധ്യം വരും അതുകൊണ്ടിവിടെ ഭാഷകാരൻ പ്രത്യേകം പറയുന്നു ആ പരമാർത്ഥ സത് ആത്മീകത്വം ആ ഏകത്വത്തെ അപേക്ഷിച്ചിട്ട് ഇതിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഏകത്വത്തെ അപേക്ഷിച്ച് മാത്രമേ ഇതിനെ നിഷേധിക്കാൻ സാധ്യമാകൂ അവിടെ നിഷേധിക്കുന്നത് അനായാസമാണ് എന്തുകൊണ്ട് ആ ഏകത്വത്തിൽ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ സ്വതന്ത്രമായൊരു ഉമ്മയില്ല സ്വതന്ത്രമായൊരു പ്രവർത്തനമില്ല അവിടെ പ്രപഞ്ചം ഇല്ല എന്ന് ഉറപ്പിച്ചു പറയും ാണ് അവിടെ ഇതിൻ്റെ പ്രവർത്തനമില്ല അവിടെ നമുക്ക് പറയാം എന്താണ് ഇതൊന്നും അവിടെ ഇല്ല എന്ന് പറയാം അതുപോലെയാണ് ഈ പരമാർത്ഥ സത് ആത്മീയത്വം അതിനെ അപേക്ഷിച്ച് ഈ അനർദത്തെ നിഷേധിക്കുന്നു അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ അനർദം എന്ന് പറയുന്നു അല്ലാതെ ഏതാണോ ഇതിനെ നിലനിർത്തുന്നത് അതിനെ ആശ്രയിച്ചിട്ടല്ല ഇതിന്റെ നിഷേധത്തെ ശ്രുതി പറയുന്നത് എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കും അവിദ്യ പ്രത്യുപസ്ഥാപിത അവിദ്യാനാശ സ്വഭാവ പരമാർത്ഥത കോന്യവം ജനയേ അവിടുത്തെ വീണ്ടും ശ്രുതി ചോദിക്കുന്നു കോനുനം ജനയെ ഇതിനെ ആരാ സൃഷ്ടിക്കുന്നത് ഇതിന് യഥാർത്ഥത്തിലൊരു കാരണമുണ്ടോ അജാതം അജാതി എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായിട്ടേയില്ലെന്നാണ് എന്തുകൊണ്ടിതുണ്ടായിട്ടില്ലെന്ന് പറയുന്നു ഇതിനെ ഉണ്ടാക്കുന്നതിനൊരു കാരണമില്ല ഉണ്ടാക്കുന്നതിന് കാരണമില്ലെന്നത് ഇതിനെ സത്യമായി ഉണ്ടാക്കുന്നതിനും സത്യമായി നിലനിർത്തുന്നതിനും ഒരു കാരണമില്ല പ്രപഞ്ച അജാതമാണ് എന്ന് പറയുന്നത് ഇതിന് കാരണമില്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടേയും മായ നിർമ്മിത മായാ നിർമ്മിതമാണ് ഇത് പരമാർത്ഥത്തെ ആശ്രയിച്ചേ നിലനിൽക്കുന്നുള്ളൂ പരമാർത്ഥത്തെ ആശ്രയിച്ചാണ് ഇതിനെ നിഷേധിക്കുന്നത് നിലനിൽക്കുന്നത് എങ്ങനെയാണ് പരമാർത്ഥമായിട്ടല്ല മായാനിർമ്മിതമായിട്ടാണോ ഇന്ദ്രജാല സമമായിട്ട് നിലനിൽക്കുന്നു ഇന്ദ്രജാല സമം എന്ന് പറയുമ്പോൾ അതുകൊണ്ടുദ്ദേശിക്കുന്നത് എന്താണോ ആരെങ്കിലും ഒരാൾ കാണിക്കുന്നവർ ഇന്ദ്രജാലം എന്നുണ്ടല്ല ഇന്ദ്രജാലം എങ്ങനെയാണോ പ്രതീതമാകുന്നത് അനുഭവശയമാകുന്നത് എന്നാലും അത് ഇന്ദ്രജാലക്കാരനെപ്പോലെ അത് പരമാർത്ഥമുണ്ട് അവിടെ ഇന്ദ്രജാലക്കാരൻ മാത്രം പരമാർത്ഥം മറ്റത് കേവലം അനുഭവ വിഷയമാണ് അതുപോലെ ഈ പ്രപഞ്ചവും അനുഭവ വിഷയമായിരിക്കുന്നു ഇതാർക്കനുഭവ വിഷയമാകും പറയുന്നു പരമാർത്ഥമായ സത്തായ ആത്മീയത്വം മാത്രമാണ് സത്യമെങ്കിൽ ഇതാർക്കാ അനുഭവം ആകുന്നത് അനുഭവിക്കുന്ന അതിന് പറയുന്നു ജീവസ്യനുഭവമാകുന്നു ഒന്ന് പറഞ്ഞല്ലോ ആ പരമാർത്ഥ സത്യം അതിനാണിത് മായാരൂപത്തിൽ പ്രകടമാകുന്നത് ഇന്ദ്രജാലം പോലെ പ്രകടമാകുന്നു ഇതിനനുഭവിക്കുന്നവനാർ ജീവൻ ആ ഇന്ദ്രജാലത്തിന്റെ ഭാഗമായി തന്നെ ഇവിടെ പ്രകടമായതാണ് ജീവഭാവം ആ പരമാർത്ഥ സത്തിൽ പ്രകടമായ അത് അവിദ്യ പ്രത്യുപസ്ഥാപിതസ്യ അവിദ്യ അല്ലെങ്കിൽ മായ ഇവിടെ രണ്ടിനെയൊന്നായിട്ടാണ് പറയുന്നത് അവിദ്യയാനത് പ്രത്യുപസ്ഥാപിതമാണ് ആരോപിതമാണ് ആ ജീവഭാവം ആ ജീവഭാവം ഇതിനെല്ലാം ദർശിക്കുന്നു അജീവഭാവവും ആരോപിതമാണ് പരമാർത്ഥസത്തായ തുരിയനിൽ ആരോപിതമാണ് ജീവഭാവം അവിടെ ഈ പ്രപഞ്ചഭാവങ്ങളും ആരോപിതമാണ് ഈ രണ്ടാരോപിത ഭാവങ്ങളും ഒന്ന് മറ്റൊന്നിനും ദർശിക്കുന്നു ജീവഭാവം പ്രപഞ്ചഭാവത്തെ ദർശിക്കുന്നു രണ്ടും ഒന്നിന്റെ ആരോപിതമാണ് ആരോപിതമെന്ന് പറയുമ്പോൾ പരമാർത്ഥമല്ലാതെ നിലനിൽക്കുന്നു അത് അവിദ്യാനാശേ അവിദ്യ നശിക്കുമ്പോ ഈ ആരോപത്തിന് ഈ പ്രതീതിക്ക് കാരണമായിരിക്കുന്ന വിദ്യം നശിക്കുമ്പോ ജീവനെ സംബന്ധിച്ച് സ്വയം പ്രതീതമായിരിക്കുന്നു തനിക്ക് താൻ തന്നെ സ്വയം വിഷയമായിരിക്കുന്നു തന്റെ തന്നെ മനസ്സിലൂടെ ഈ പ്രപഞ്ചവും പ്രതീതമാകുന്നു ഇത് രണ്ടും ഇതിന് കാരണമായിരിക്കുന്ന മായ മാറുമ്പോൾ അവദ്യം നശിക്കുമ്പോൾ സ്വഭാവരൂപത്വ അവിദ്യാരഹിതമായി ചിന്തിക്കുമ്പോൾ മായ മിനത്മുക്തമായ തത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് അത് സ്വഭാവം കേവലമായ ശുദ്ധമായ ചിന്മാത്രമായിരിക്കും അതാണ് സ്വഭാവം എന്ന് പറയുന്നത് ഇതിന്റെ സ്വഭാവം അതിനാണ് ആത്മാവെന്ന് പറയുന്നത് സ്വഭാവശബ്ദത്തിന് ആത്മാവെന്നും അർത്ഥമുണ്ട് അത് കേവലം എന്താണ് ഇതിന്റെ സ്വഭാവം ചിന്മാത്രനാണ് ചേതനസ്വരൂപനാണ് അപ്പൊ പരമാർത്ഥത്തിൽ ആ കേവലസ്വരൂപനായ ചിന്മാത്ര സ്വരൂപനായ ഈ സ്വഭാവം മാത്രമാണ് നിലനിൽക്കുന്നത് പരമാർത്ഥത്തിൽ സൃഷ്ടിയുണ്ടായിട്ടുള്ള സൃഷ്ടി പ്രതീതിയാണ് അതാരോപമാണ് അതുകൊണ്ട് പരമാർത്ഥതനു ഏനം ജന ഇതിനെ പരമാർത്ഥത്തിൽ ആര് സൃഷ്ടിക്കും പരമാർത്ഥത്തിലുള്ള ഒരു സൃഷ്ടിയില്ല അതുകൊണ്ട് സൃഷ്ടിക്ക് കാരണമില്ല എന്നാണ് ഇവിടെ പറയുന്നത് സൃഷ്ടിയുടെ കാരണം എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല അത് അന്വേഷിക്കേണ്ടി വരുമായിരുന്നു ഈ സൃഷ്ടി സത്യമായിരുന്നെങ്കിൽ മായാമയമായ അവിദ്യാമയമായ ഈ സൃഷ്ടിക്ക് ജനിപ്പിക്കാനിവിടെ ആരുമില്ല ഇത് ആ സ്വഭാവം തന്നെയാണ് ചിന്മാത്ര സ്വഭാവം തന്നെയാണ് ചിന്മാത്ര സ്വഭാവമായി എന്തുകൊണ്ട് അനുഭവപ്പെടുന്നില്ല അവിദ്യ നശിക്കാത്തതുണ്ട് പരമാർത്ഥത്തിലില്ലാത്തതായ അവിദ്യ നശിക്കാത്തതുകൊണ്ട് മായ മാറാത്തതുണ്ട് കേവലം ഈ മായയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഈ പ്രതീതിക്ക് ഒരു കാരണം ഇവിടെ പറയാനില്ല കാരണത്തിന്റെ ആവശ്യം നഹി രജ്വാം അവിദ്യാരോപിതം സർപ്പ പുനർവിവേകത്തോ നഷ്ടം ജനയേത് കശി ആരോപിതമായി കാണുന്ന സർപ്പം അവിദ്യാരോപിതം അവിദ്യ എന്ന് വെച്ചാൽ അറിവില്ലായ്മ ആജ്ഞാനം രജ്ജുവിനെക്കുറിച്ചുള്ള അജ്ഞാനം അതുകൊണ്ട് പ്രതീതമാകുന്ന അനുഭവ വിഷയമാകുന്ന അതാണ് ആരോപിതം അനുഭവത്തിന് വിഷയമാകുന്ന ആ സർപ്പം അതങ്ങനെ അനുഭവ വിഷയമായി പുനർവിവേകത്തക നഷ്ടം രജ്ജു ജ്ഞാനം അതാണ് വിവേകം അതുകൊണ്ടത് മറഞ്ഞുപോയി അതിനെ കസ്റ്റിദ് ജനഏത് അതിനാരാണ് ഉണ്ടാക്കിയത് അതിനുണ്ടാക്കിയതിനാരൊക്കെ പറയാൻ പറ്റും കാരണമെന്നാണ് ആരാണ് അവിടെ കാരണക്കാരൻ അതിനൊരു കാരണമില്ല കാരണം അത് ഉണ്ടായത് സത്യമെന്നെങ്കിൽ അതിന് കാരണത്തിന്റെ ആവശ്യമില്ല എന്ന കസ്റ്റിദ്നം ജനയേ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെയും ഇവിടെ ആരും ജനിപ്പിക്കുന്നില്ല ഇതിനൊരു കാരണമില്ല അപ്പോ ആക്ഷേപാഠക്കാർ കാരണം പ്രതിഷേധ ഇവിടെ പ്രപഞ്ച കാരണത്തെ നിഷേധിക്കുകയാണ് പ്രപഞ്ച സത്യമായിരുന്നെങ്കിൽ ഇതിനൊരു കാരണം വേണമെന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് പ്രപഞ്ചം പരമാർത്ഥമല്ലാത്തതുകൊണ്ട് ഇവിടെ കാര്യകാരണഭാവമില്ല ആത്യന്തികമായി പ്രപഞ്ചത്തിൽ കാര്യകാരണഭാവത്തെ നിഷേധിക്കുകയാണ് അതിന് പറയുന്ന യുക്തി സമാനസത്ത ഉള്ള ഒന്നിനെ കാര്യകാരണഭാവം വരത്തണം നമുക്ക് പറയാം മണ്ണും കുടവും അതിന് കാര്യകാരണഭാവമുണ്ട് എന്ന് നമുക്ക് പിതാവും പുത്രനും കാര്യകാരണഭാവമുണ്ടെന്ന് പറയും അവിടേക്കും നമുക്കൊരു സമാനസത്ത പ്രതീതമാകും നമുക്കൊരു അനുഭവ വിഷയമാവും ഇത് രണ്ടിനും ഒരേ തരത്തിലുള്ള നിലനിൽപ്പാണെന്ന് നമുക്ക് തോന്നും ചിന്തിച്ചുപോയാൽ അവിടെയും നമുക്ക് മനസ്സിലാവും എന്താണോ ഒരു കാര്യകാരണഭാവത്തെ സമർത്ഥിക്കാൻ അവിടെയും വിഷമമാണ് കാരണം അത്തരം കാര്യങ്ങൾ വരുന്നിടത്തും കാര്യത്തിന് സ്വതന്ത്രമായി കാരണത്തെ വിട്ട ഒരു നിലനിൽപ്പ് നമ്മൾ കാണുന്നില്ല എന്നാലും നമ്മൾ കരുതുന്നിവിടെ ഒരു കാര്യകാരണഭാവം പക്ഷേ പ്രപഞ്ചം കേവലൊരു ഭാനം മാത്രമായിരിക്കും ഒരു പ്രതീതി മാത്രമായിരിക്കും അത് പരമാർത്ഥത്തിന്റെ നിലനിൽക്കാത്തതുകൊണ്ട് അതിന് കേവലം പ്രാതിഭാസികമായൊരു നിലനിൽപ്പേ ഉള്ളൂ പരമാർത്ഥ തത്വത്തിന്റെ നിലയിൽ ചിന്തിക്കുന്നു അതുകൊണ്ട് ഇതിനൊരു കാരണത്തെ ചൂണ്ടിക്കാണിക്കാനില്ല ഈ പരമാർത്ഥതം അതാണല്ലോ അധിഷ്ഠാനം കാരണം എന്ന് പറയുന്നത് അതും ഇവിടെ കാരണമല്ല എന്ന് പറയും എന്തുകൊണ്ട് അത് സ്വഭാവമാണോ ശുദ്ധ ചിന്മാത്രമാണോ അതൊന്നിനും കാരണമാകുന്നുണ്ട് അതൊന്നിനും കാരണമല്ലാത്തതുകൊണ്ട് അത് ഈ പ്രപഞ്ചത്തിനും കാരണമല്ല അപ്പോ പ്രപഞ്ചം അങ്ങനെ പ്രപഞ്ചത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധ ചിന്മാത്രമാണ് പ്രതീതി ആ ചിത്തിൽ നിന്ന് അന്യമല്ല അത് തന്നെയാണ് അവനിവിടെ കാരണഭാവം ആ പരമാർത്ഥ വസ്തുവിലില്ല ഉണ്ട് എന്ന് വന്നുകഴിഞ്ഞാൽ അവിടെ ദ്വൈതമായി കാരണമായ ഒന്ന് അതിൽ നിന്ന് കാര്യമായ മറ്റൊന്നും ഉണ്ടായി പ്രപഞ്ചമൊരു കാര്യമേ അല്ലാത്തതുകൊണ്ട് ഇതിനൊരു കാരണത്തിന്റെ ആവശ്യം ഇല്ല അത് കാരണമല്ല അങ്ങനെ കാര്യകാരണഭാവത്തെ നിഷേധിക്കേയു കാര്യകാരണഭാവത്തെ നിഷേധിച്ചു അജാതം സിദ്ധമായി ഇനി ഇതെല്ലാം കാണുന്നതോ കാണുന്നതിനും നിഷേധിക്കുന്നില്ല അവിദ്യ ഉദ്ഭൂതസ്യ നഷ്ടസ്യ പ്രതീതമാകുന്നതാണോ അവിദ്യ ഉദ്ഭൂതമാണോ അവിദ്യ കൊണ്ട് പ്രകടമാകുന്നതാണോ അതാ വസ്തു സ്വഭാവമാണ് പരമാർത്ഥ വസ്തു സ്വഭാവമാണ് അതിനൊന്നും അന്യമല്ല അദ്വൈതത്തിൽ എങ്ങനെ രണ്ടുപേരും അന്യമായങ്ങനെ മറ്റൊന്നിനും നിലനിൽക്കാൻ പറ്റും വിവേകം വിവേകമില്ലായ്മ വിവേകത്തോടു കൂടി നോക്കുമ്പോ ഇതാ പരമാർത്ഥ വസ്തു തന്നെ നഷ്ടസ്യ വിവേകമുണ്ടാകുന്നതുവരെ ഇത് സത്യമാണെന്ന് അനുഭവപ്പെടുന്നു പക്ഷെ വിവേകത്തിന് ഇത് നഷ്ടമാകുന്നു അവിദ്യ കൊണ്ട് ഉദ്ഭൂതമാകുകയും വിവേകം കൊണ്ട് നഷ്ടവും ചെയ്യുന്ന ജനയിത്ര കാരണം അസ്ഥി അതിന് ഒരു ജനയിതാവ് ഒരു പിതാവ് കാരണം ഒന്നും തന്നെയില്ല അതുകൊണ്ടാണ് ഭ്രമത്തിന് കാരണമായി ഒന്നിനെയും പറയാൻ കഴിയാത്തത് എന്തെങ്കിലും ഒരു കാരണത്തെ എടുത്ത് അതുകൊണ്ട് ഭ്രമമുണ്ടായി എന്ന് നോക്ക് പറയാൻ നിവർത്തിയില്ല അത് അനിർവാക്യമാണെന്ന് പറയും ഒരു തരത്തിലും അതിനെ നിർവചിക്കാൻ ശ്രുതി എന്നെ വീണ്ടും പറയുന്നു നായും ഇത് ഒന്നിൽ നിന്നും ഉണ്ടായിട്ടില്ല ഒന്നിൽ നിന്നിവിടെ ഒന്നും വാസ്തവമായി യഥാർത്ഥമായി ഉണ്ടായിട്ടില്ല നമ്മൾ യഥാർത്ഥമായി ഉണ്മയായി പ്രപഞ്ചത്തെ അനുഭവിക്കുന്നുവെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന ഈ ഉണ്മ അതാ പരമാർത്ഥ വസ്തുവിന്റെ ഉന്മയാണ് അത് പ്രപഞ്ചത്തിലൂടെ പ്രകടമാകുന്നേ ഉള്ളൂ പരമാർത്ഥ തത്വം പ്രപഞ്ചത്തിലൂടെ പ്രകാശിക്കുമ്പോൾ നമ്മളതിനെ ഈ പ്രപഞ്ചത്തിന്റെ പരമാർത്ഥതയായി കാണുന്നു ഇതാണ് അവിദ്യ ഇതാണ് മായ ഈ മായ മാറുമ്പോൾ കേവലമായ ആ വസ്തു മാത്രം അവിടെ എന്തെല്ലാം അനുഭവപ്പെടുന്നുണ്ടോ ഇന്ദ്രജാല സമമാണ് എന്ന് മനസ്സിലാകുന്നു അവിടെ അനുഭവപ്പെടുന്ന ഈ സത്യാനുഭവം പോലും പ്രപഞ്ചസത്യാനുഭവം പോലും കേവലം പ്രതീതി മാത്രമാണ് അനുഭവപ്പെടപ്പെടാനിവിടെ ഒന്നേ ഉള്ളൂ എന്താണ് ശുദ്ധ ചിന്മാത്രം സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അതിന്റെ പ്രകാശമാണ് ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം അതുകൊണ്ട് അജാതം എന്ന് പറയുന്നത് സഹജമാണ് സ്വാഭാവികമാണ് അത് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല യുക്തി കൊണ്ട് സമർത്ഥിക്കേണ്ട ആവശ്യമില്ല അത് ശ്രുതിയുടെ ഒരു വെളിപ്പെടുത്തലാണോ അതിൽ സർവവും അനുഭവ വിഷയമാകുന്നു അതാണ് ഇവിടെ പറയുന്നത് സംഭവത്തെ അപവാദ സംഭവപ്രതിഷിദ്ധ്യത്തെ ോണ്േനം ജനയ കാരണം പ്രതിഷിധ്യത്തെ സേഷ നേ വ്യാഖ്യത്തു നിശ്നുത്തെ അഗ്രാഹ്യഭാവനുനജം പ്രകാശത്തെ തിഷേധേനർതി പ്രതിപാദത്മനോ ദുർബോധ മന്യമാന ശ്രുതി പുനഃ പുനരുതിഷയാഖ്യതം തത്സവം നിഹ്നത്തെ ഈശാവശ്യപന്ഷത്തിന് അവലംബിച്ചിട്ടാണ് ഇവിടെ കാരണത്തെ പ്രതിഷേധിച്ചത് പ്രപഞ്ചത്തിനൊരു കാരണമല്ല കാരണം പ്രപഞ്ചം ഒരു കാര്യമല്ല അതുകൊണ്ട് അജാതം എന്നതാണ് പരമാർത്ഥം ഇതവിടെ മാത്രമാണ് പറയുന്നത് ബൃഹദാരണ്യത്തിനും പറയുന്നുണ്ട് അധാഥ ആദേശം ഒന്നേ ദുരതാരണ്യത്തിലെ രണ്ടാം അധ്യായത്തിൽ മൂർത്താമൂർത്ത പ്രകരണം എന്ന് പറയുന്ന ഭാഗത്ത് അതിനെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത് അവിടെ മൂർത്താമൂർത്തങ്ങളായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ചർച്ച ചെയ്ത് നമുക്ക് അനുഭവ വിഷയമായിരിക്കുന്ന മൂർത്തഭാവങ്ങൾ നമ്മുടെ നഗ്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയാത്ത അമൂർത്തഭാവങ്ങൾ ഇതിനെല്ലാം ചർച്ച ചെയ്ത് അവസാനം പാടേന്ന് ശരിക്കുക ഇതാണ് സർവവിശേഷ പ്രതിഷേധേന അതാത് ആദേശോ നേതി നേരി പരവുമായ ഉപദേശം ഇതാണ് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം കാരണം പ്രപഞ്ചം മായാമയമായതുകൊണ്ട് അതിന് അനേക ഭാവങ്ങളുണ്ട് സത്യമായും അസത്യമായും എല്ലാം പ്രതീതമാകും സ്ഥൂലമായും സൂക്ഷ്മമായും കാരണരൂപത്തിനും കാര്യരൂപത്തിനും എല്ലാം പ്രപഞ്ചം അനുഭവമാകും പ്രപഞ്ചത്തിലൊരു കാര്യകാരണ ശൃംഖല അനുഭവപ്പെടുന്നു ഒന്നും മറ്റൊന്നിന്റെ കാര്യം പിതാവ് പുത്രൻ പിതാവിനെന്ന് പുത്രൻ പിതാവിനും മറ്റൊരു പിതാവ് അങ്ങനെ കാര്യകാരണ ശൃംഖല പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്നുണ്ട് അതിനേണ്ടാതെ അംഗീകരിച്ച ചർച്ച ചെയ്യുന്നതാണ് മൂർത്താമൂർത്ത പ്രകടനത്തിൽ പ്രപഞ്ച നിഷ്ഠമായി ചിന്തിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തെ ഒരു വസ്തുവായി സ്വീകരിച്ചുകൊണ്ട് അതിന്റെ അധിഷ്ഠാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം അനുഭവപ്പെടുന്നുണ്ട് ഈ കാര്യകാരണ ബന്ധങ്ങളും പക്ഷെ അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രപഞ്ച സത്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത് ശ്രുതിയും അത് തന്നെ മൂർത്താമൂർത്ത പ്രകടനത്തിന് ഭാഗികമായി പ്രപഞ്ചയാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് കാരണം അധ്യവീതിയോട് ചോദിക്കും പ്രപഞ്ചം യഥാർത്ഥമായി അനുഭവമാവുകയാണ് യഥാർത്ഥമായി അനുഭവപ്പെടുന്ന ഒന്നിനെ നിങ്ങൾക്ക് എങ്ങനെ യഥാർത്ഥമായി നിഷേധിക്കാൻ കഴിയും അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ സത്യമാകും ആ നിഷേധമല്ലേ മിഥ്യ എന്ന് ചോദിക്കും അത് അദ്വൈതത്തിൽ അങ്ങനെ ഒരു വാദം തന്നെയുണ്ട് എന്താണോ പ്രപഞ്ചത്തെ നിങ്ങൾ മിഥിയാണെന്ന് പറയുമ്പോൾ ശരി ഞങ്ങൾ അംഗീകരിക്കാം നിങ്ങളുടെ ഈ നിഷേധം ഇത് സത്യമാണോ മിഥ്യയാണോ എന്ന് ചോദിക്കും അദ്വൈതത്തിൽ വാദഗ്രന്ഥങ്ങളുണ്ട് വാദ ചിന്താമണി എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട് യുക്തികൊണ്ട് എങ്ങനെ ഈ മിഥ്യാത്വം എന്നുള്ളതിനെ നിഷേധിക്കാം എന്നുള്ളതാണ് അവിടെ ചർച്ച ചെയ്ത് അവിടെ ചോദിക്കുന്നൊരു ചോദ്യമാണ് നിഷേധം സത്യമാണോ മിഥ്യ പ്രപഞ്ചം യഥാർത്ഥമായി അനുഭവ വിഷയമായിരിക്കും നിഷേധം ഒരിക്കലും സത്യത്തില്ല നിഷേധം മിഥ്യയാവും നിഷേധം മിഥ്യ ആയിക്കഴിഞ്ഞാൽ അതിന്റെ യുക്തിയാണ് പ്രപഞ്ചം മിഥിയെന്ന് പറയുന്നത് മിഥിയായി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സത്യമായി നിഷേധത്വം നിഷേധിച്ചാൽ അസത്യമാവും ഈ തരത്തിലവിടെ വാദങ്ങൾ ഉണ്ട് അതിൽ അദ്വൈതിയുടെ ആത്യന്തികമായ നിലപാടെന്താണ് സർവവിശേഷ പ്രതിഷേധം അപ്പോൾ ശ്രുതി തന്നെ അതിനുള്ള വഴി കാണിക്കുന്നുണ്ട് അവിടെ മൂർത്താമൂർത്തമായി പ്രപഞ്ചത്തെ എല്ലാം വിശദീകരിക്കുന്നുണ്ട് നിങ്ങളുടെ സത്യമായ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം ബോധിപ്പിക്കുന്നത് അപ്പം അവിടെ നമുക്ക് വരുന്ന സംശയം എന്താണോ ഇത് യഥാർത്ഥമായി അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന്റെ നമ്മുടെ ഈ യഥാർത്ഥ അനുഭവം ഇതിനെ അംഗീകരിച്ചുകൊണ്ടാണോ നിഷേധിക്കുന്നത് അതെ ഇതിനെ നിഷേധിക്കുകയാണോ ചെയ്യുന്നത് നമ്മുടെ ഈ യഥാർത്ഥ അനുഭവത്തെ ശ്രുതി നിഷേധിക്കുന്ന പ്രപഞ്ചത്തിലുള്ള നമ്മുടെ സത്യാനുഭവത്തെ ശ്രുതി നിഷേധിക്കുന്നില്ല അതിനീകരിക്കുകയാണ് അതിനംഗീകരിക്കാൻ വേണ്ടിയാണ് ആദ്യം മൂർത്താമൂർത്ത രൂപത്തിൽ ഇതിനെ ചർച്ച ചെയ്യുന്നത് ഒരിടത്തും ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ഉദ്ദേശമില്ല ശ്രുതിക്ക് എന്താണോ നിങ്ങളുടെ അനുഭവത്തെ നിഷേധിക്കുക നിങ്ങൾക്കിത് സത്യമായാണ് അനുഭവപ്പെടുന്ന ആയിക്കോട്ടെ സത്യമായി തന്നെ നിങ്ങളുടെ അനുഭവം നിലനിന്നോട്ടെ ആ അനുഭവത്തെ നിഷേധിക്കുന്നു അതിനെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തിന്റെ പരമാർത്ഥത എന്താണ് എന്നാണ് വെളിപ്പെടുത്തുന്നത് ആ പരമാർത്ഥതയിൽ എന്ത് ചെയ്യുന്നു ആ പരമാർത്ഥതയുടെ വെളിപ്പെടലിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു എന്താണ് നിങ്ങൾ നമ്മുടെ ഈ സത്യാനുഭവത്തിന്റെ നില എന്താണ് അല്ലാതെ പ്രത്യക്ഷ അനുഭവത്തെ പ്രത്യക്ഷമായി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് ആ ഭാഗം മനസ്സിലാക്കുക എന്ന് പറയുന്നതിനൽപ്പം പ്രയത്നമാവശമാണ് അതാ ആദേശോ നേതി നേതി ഇതി പ്രതിപാദിത നയിതം നയിതം എന്ന് ശ്രുതി പറയുന്നു പ്രപഞ്ചത്തെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത് ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം നിങ്ങൾ അന്വേഷിക്കുന്നതും നിങ്ങൾ അറിയേണ്ടതും ഇതല്ല ഇത് നിങ്ങളെ അന്വേഷിക്കാതെ തന്നെ നിങ്ങൾക്ക് വെളിപ്പെട്ടതാണ് സത്യം എന്താണെന്ന് നിങ്ങളെ അന്വേഷിക്കാതെ തന്നെ നിങ്ങൾക്ക് സത്യമായി നിങ്ങളുടെ പ്രപഞ്ച പ്രകടമായതാണ് ഈ പ്രപഞ്ചം നിങ്ങളുടെ ആ സത്യാനുഭവത്തെ ഇവിടെ ശ്രീ നിഷേധിക്കുന്നുണ്ട് പക്ഷേ ആ സത്യം ഇതല്ലെന്നാ പറയുന്നു കസ്തൂരിമാന്റെ സുഗന്ധത്തിന്റെ കാര്യം പറയുന്നത് പറയുന്ന ആ സുഗന്ധം ഭാഗ്യമല്ല എന്ന തരത്തിലാണ് ഇവിടെ പറയുന്നത് സർവർക്കും എന്താണ് സത്യാനുഭവമുണ്ട് ആ സത്യാനുഭവം അത് ഇതല്ല അതാണ് പറയുന്നത് ഇതി ഇതി പറഞ്ഞു ഇതം ഇതം എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ ഇത് ഇതംന്ന എന്നാണ് ഇതല്ല എന്നാണ് അതാണ് ആദേശം ഉപദേശം ആ സത്യാനുഭവം ഈ മനസ്സ് സത്യാനുഭവം മനസ്സുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ആ പ്രപഞ്ചത്തിൽ ഉറപ്പിച്ച ആ സത്യാനുഭവത്തെ നിന്ന് മാറ്റുകയാണ് മാറ്റി തന്നിലുറപ്പിക്കുകയാണ് അതാണ് നയിതം എന്ന് പറയുന്നത് ഇത് പ്രതിപാദി ആത്മനോ ദുർബോധത്വം മന്യമാന ശ്രുതി അശ്വതി അത് സ്പഷ്ടമായി നിർദ്ദേശിക്കുകയാണ് നീ അനുഭവപ്പെടുന്ന ഈ സത്യം അത് ഇതിലല്ല എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയാണ് ആത്മനഹ അസത്യന്നിലാണ് എന്നാണ് പറയുന്നത് പ്രപഞ്ചം വിധിയാണെന്ന് പറയുന്നതിന്റെ താൽപ്പര്യം ശ്രുതിക്ക് അത്രയേ ഉള്ളൂ നീ പുറമേ കാണുന്ന ഈ സത്യം അത് നിന്റെ ഉള്ളിലാണ് നിന്റെ അനുഭവം തലതിരിഞ്ഞു പോയി തലതിരിഞ്ഞ അനുഭവത്തിനെയാണ് ഇന്ദ്രജാലം മായ എന്ന് പറയുന്നത് ശ്രുതി അത് അനായാസമായിട്ടാണ് പക്ഷെ ഇവന്റെ മനസ്സ് പക്കുമല്ലാത്തുകൊണ്ട് ഇവന് ഇതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല ദുർബോധത്വം ശ്രുതിക്ക് തന്നെ അറിയാവുന്നതാണ് ഇത് ദുർബോധമാണ് സംസാരിയായ ജീവനാണ് വളരെ അനായാസമായി ഗ്രഹിക്കാവുന്ന ഈ സത്യത്തെ അവൻ അവനെ സംബന്ധിച്ച ദുർബോധമായി അനുഭവപ്പെടുന്നു ദുർബോധമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വളരെ വിഷമമുള്ളത് ജീവന്റെ നില മനസ്സിലാക്കാൻ ഇത് വളരെ വിഷമമുള്ളതെന്നാണ് അവൻ ധരിക്കുന്നത് ഇത് മന്യമാണ് ആ ശ്രുതി ഇതിനെ ശ്രുതിക്കറിയാം തത്വത്തെ വെളിപ്പെടുത്തുന്ന ശ്രുതിക്ക് അക്കാര്യവും അറിയാം അനായാസമായി ബോധിപ്പിക്കുന്നു പക്ഷേ ദുർഗ്രഹമായി ഗ്രഹിക്കുന്നു ഇതാണ് ഇവിടെ വരുന്ന തകരാർ ഗുരു അത് തന്നെ ചെയ്യുന്നു ഗുരുവിതിനെ അനായാസമായി വെളിപ്പെടുത്തുന്നു പക്ഷെ ശ്രോതാവിതിനെ ദുർഗ്രഹമായി ഗ്രഹിക്കുന്നു ദുർബോധമായി ഇതിനെ ഗ്രഹിക്കുന്നു ശ്രുതി ശ്രുതിക്കുക അല്ലെങ്കിൽ ഗുരുവിനെന്തുകൊണ്ടിതിനെ ഇത്രയും അനായാസമായി വെളിപ്പെടുത്താൻ കഴിയുന്നു കാരണം അവിടെ മായ മാറിയിരിക്കുന്നുണ്ട് ശ്രോതാവിനെന്തുകൊണ്ട് നിർബോധമായിരിക്കുന്നു അവന് മായയ്ക്ക് അധീനനായിരിക്കുന്നുണ്ട് അവിദ്യാമയനായിരിക്കുന്നുണ്ട് കാരണം അവന്റെ നിലനിൽപ്പ് തന്നെ ഈ മായ കൊണ്ടുവന്നതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിദ്യാ പ്രത്യുപസ്ഥാപിത അവിദ്യ ആരോപിതമായിട്ടാണ് അവന്റെ സ്വന്തം നിലനിൽക്കുന്നത് അനായാസമായി തത്വത്തെ അവന് ദുർബോധമായി തോന്നുക സ്വാഭാവികം ഇക്കാര്യം ശ്രുതിക്ക് നല്ലവണ്ണം അറിയാം ഗുരുവിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് ശ്രുതി എന്ത് ചെയ്യുന്നു ഇതവന് ബോധ്യപ്പെടണമല്ലോ ദുർബോധമാണ് എന്ന് കരുതി ഇതിനെ മാറ്റിവെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരേ ഒരുപായവും അതാണ് ഇതിന്റെ ആവർത്തനം പുനഃ പുനഃ ഉപായ അന്തരത്വേന വീണ്ടും വീണ്ടും പല പല ഉപായങ്ങളും പറയുന്നു അതാണ് ഈ ശാസ്ത്രം മുഴുവൻ ആധ്യാത്മിക സാധനങ്ങൾ മുഴുവൻ അതാണ് ആത്മീയ മാർഗം മുഴുവൻ അതാണ് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നതും നമ്മുടെ അനുഭവത്തിൽ ഏറ്റവും കനിഷ്ഠമായി നിലനിൽക്കുന്നതുമായ എല്ലാ സാധനങ്ങളും അതെന്താണ് ഉപായാന്തരം ഓരോരോ ഉപായങ്ങൾ ശ്രുതി ഓരോ ഉപായങ്ങളെയും പരീക്ഷിക്കുകയാണ് എങ്ങനെ ഇവനെ ഇത് ബോധ്യപ്പെടുത്താം ഏറ്റവും അനായാസമായ ഏറ്റവും അനായാസം എന്ന് പറയുന്നത് എന്താണ് ആത്മഭിന്നമായ ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതിനാണ് യത്നം ആവശ്യമായത് ആത്മാവിനെ ഗ്രഹിക്കുന്നതിന് യത്നമേ ആവശ്യം ആത്മപ്രകാശത്തെ അപേക്ഷിച്ച് പ്രകാശിക്കുകയാണ് പ്രപഞ്ച മൊത്തവും ആകവ് അതുകൊണ്ടെന്തു വരുന്നു അതിന്റെ പ്രകാശത്തിന് ആത്മപ്രകാശത്തെ അപേക്ഷിക്കേണ്ടി വരും ആത്മബോധമെന്ന് പറയുന്നതിൽ യാതൊരു യത്നത്തിന്റെ ആവശ്യമില്ല എന്തുകൊണ്ടത് സ്വയം പ്രകാശിക്കുന്നതാണ് സ്വയം പ്രകാശിക്കുന്ന ഒന്ന് യത്നത്തിന്റെ ആവശ്യമില്ല യത്നത്തിന് അവിടെ നിലനിർത്താനും കഴിയും അതെ കർമ്മശൂന്യം എന്ന് പറയുന്നത് പക്ഷെ അത്തരത്തിൽ അതിനെ ഗ്രഹിക്കുന്നതിന് പകരം ഇവൻ ഇതിനെ ദുർബോധമായി ധരിച്ചിരിക്കുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ് പ്രയാസമുള്ളതാണെന്ന് ഇവൻ ധരിച്ചിരിക്കുന്നു എന്ന് ശ്രുതി ഗ്രഹിക്കുന്നു അക്കാര്യം ശ്രുതിക്കറിയുന്നു അതുകൊണ്ട് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും എന്ന് പറയുമ്പോൾ എന്താണ് അനാധികാലമായി ഒരേ ഒരു ജീവനെ തന്നെ ഉപായാന്തരത്തിന് പല പല ഉപായങ്ങളിലൂടെ അത് കർമ്മവും ഉപാസനയും ഭക്തിയും ജ്ഞാനവും യോഗവും തന്ത്രവും എന്തെല്ലാം ഉപായങ്ങളാണ് പല ഉപായങ്ങളിലൂടെ ഇതെല്ലാം ശ്രുതിക്ക് ഒരു താൽപ്പര്യമേ ശ്രുതിയാണ് ഇവിടുത്തെ പരമഗുരു ബാക്കി എല്ലാ ഗുരുക്കന്മാരും ശ്രുതിക്ക് താഴെയും ആ ശ്രുതി ഷയാ ശ്രുതിക്ക് ഉത്കടമായ ആഗ്രഹമാണ് അതാണ് പ്രതിവിപാദ ഇഷ എന്ന് പറയുന്നത് അതിന് വീണ്ടും വീണ്ടും വീണ്ടും ബോധിപ്പിക്കുന്നതിനുള്ള ശ്രുതിയുടെ പരവുമായ താല്പര്യം അതാണ് നമ്മൾ പറയുന്നത് ശ്രുതി ശ്രവണം ചെയ്ത പോരാ അതിന്റെ പരവമായ താല്പര്യത്തെ ഗ്രഹിക്കണമെന്ന് പറയുന്നു അങ്ങനൊരുപാട് താല്പര്യങ്ങളുണ്ട് അതാണ് ഈ സാധനങ്ങളെല്ലാം കർമ്മവും ഉപാസനങ്ങളും എല്ലാം അതിന്റെ പല താല്പര്യങ്ങളാണ് പക്ഷെ അതിന്റെ പരമമായ താൽപ്പര്യത്തെ ഗ്രഹിക്കും ആത്യന്തികമായ താൽപ്പര്യത്തെ ഗ്രഹിക്കും അതിനുവേണ്ടി പല ഉപായങ്ങളും നിർദ്ദേശിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് വേണോ തുടങ്ങാം കർമ്മത്തിൽ നിന്ന് തുടങ്ങാം യോഗത്തിൽ നിന്ന് തുടങ്ങാം തന്ത്രത്തിൽ നിന്നോ മന്ത്രത്തിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും തുടങ്ങാം പക്ഷെ അവസാനം എത്തിച്ചേരുന്നത് ഒരു സ്ഥലം അതുകൊണ്ട് ശ്രുതി പലതരത്തിൽ വെളിപ്പെടുത്തുന്നു പല ഉപായങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് അവിടെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഊന്നിപ്പറയുന്നത് ബൃഹധാരണയത്തിലെ അമൂർത്താമൂർത്ത പ്രകടനത്തെയാണ് അവിടെ ഏത് ഏത് അവിടെ ഇത് പലതരത്തിൽ പറഞ്ഞു ഉപാസനയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും പറഞ്ഞു ധ്യാനിക്കുന്നതിന് എന്തൊക്കെ വ്യാഖ്യാനിച്ചോ തത്സർവം നിൽക്കുന്നതേ ശ്രുതി തന്നെ വ്യാഖ്യാനിച്ചിട്ട് അവസാനം ശ്രുതി തന്നെ നഷേഖിക്കും ആ പരമാർത്ഥ വസ്തുവിനെ അതിന്നതാണ് മറ്റൊന്നാണ് അതിന്റെ ഉപായം ഇന്നതാണ് മറ്റൊന്നാണ് ഈ തരത്തിൽ പലതരത്തിൽ വ്യാഖ്യാനിച്ചത് ആരും ഇവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് അതിന് സ്വീകരിക്കട്ടെ പക്ഷേ ഒടുവിൽ എന്താണ് അത്ര സർവ്വനിഷ്ഠ അവസാനം എല്ലാത്തിനെയും ഒട്ടേടിക്കും നിഷേധിക്കുന്നു എങ്ങനെ ഈ പറഞ്ഞത് ഒന്നുമല്ല പരമാർത്ഥം ഇതിലൂടെയും നിങ്ങൾക്ക് പരമാർത്ഥത്തെ തേടാം പക്ഷേ ആത്യന്തികമായി ഇതൊന്നുമല്ല പരമാർത്ഥത നേതി നേതി ഇതംന്ന ഇതംന എന്ന് നിഷേധിക്കുന്നതിന്റെ പരമായ താല്പര്യം എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത് അപ്പൊ അവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർക്കും ഉണ്ട് എല്ലാവർക്കും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല അവർക്ക് വേണ്ടി മറ്റെല്ലാം പറഞ്ഞു മറ്റുപായങ്ങളും ഒന്നും പറഞ്ഞു ഓരോരുപായങ്ങളും എല്ലാ ഉപായങ്ങൾക്കും സാങ്കത്യമുണ്ട് ഓരോരോ തലത്തിൽ അതുകൊണ്ടാണ് ശ്രുതി എന്നാദ്യം പല പല ഉപായങ്ങളും നിർദ്ദേശിക്കുന്നത് പക്ഷെ ശ്രുതിക്കൊന്നേ പറയുള്ളൂ എന്താണോ നേതം ഈ ഉപായങ്ങളൊന്നും അപലപത്തി അർത്ഥാ സേഷ നേത്മനോ അദൃശ്യത ദർശയന്തി ശ്രുതി ജാന ഉയ വ്യാഖ്യതേയവഗ്രഹിത മാ ഭൂ അഗ്രാഹ്യാവന വേദന കാരണേന നിഷ്നത്തെ അർത് ഈ നിഷേധത്തിന്റെ പരമമായ താൽപ്പര്യം എന്താണ് ഇതം ന ഇതം ന എന്നാണ് പ്രശ്തി പറയുന്നത് ഒരുവൻ ഇതിനെ അന്വേഷിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവൻ എന്തൊക്കെയാണോ വെളിപ്പെടുന്നത് അതിനെല്ലാം നിഷേധിക്കുകയാണ് അതായത് ഇത് വെളിപ്പെടുന്ന എന്നാണ് നിങ്ങൾ എന്തിനെങ്കിലും വെളിപ്പെട്ടാൽ നിങ്ങൾ എന്തിനെങ്കിലും സാക്ഷാത്കരിച്ചാൽ അത് പരമാർത്ഥമുണ്ട് എന്നാണ് എന്തുകൊണ്ടിത് സ്വയം വെളിവാണ് വെളിവായിരിക്കുന്നതിന് വെളിപ്പെടാനൊക്കെ വെളിവിൽ പലതും വെളിപ്പെടും അതുകൂടെ പറയുന്നത് ഗ്രാഹ്യം നിങ്ങൾ ഗ്രഹിക്കുന്നത് നിങ്ങൾ സാക്ഷാത്കരിക്കുന്നത് ഒരുപാട് പരിശ്രമിച്ച് തപസം ഉപാസനകളൊക്കെ ചെയ്ത് നിങ്ങൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിനെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിന് വിഷയമാക്കിയാൽ അത് ജനിമത്തായി ഉത്പത്തിയുള്ളതായി ബുദ്ധി വിഷയം എൻ പറയുന്നെന്താണ് ഞാൻ ബ്രഹ്മത്തെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ലളിതമായ അർത്ഥം ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് അതിനെ അറിയുന്നു എവിടെയോ ഏതെങ്കിലും ഒരു തരത്തിൽ ഞാൻ അതിനെ അറിയുന്നു ആ ശരി എന്റെ സ്ഥൂലമായ ഈ ബുദ്ധിക്ക് അത് വിഷയമല്ല അല്ലെങ്കിൽ എന്റെ സൂക്ഷ്മമായ ഏകാഗ്രമായ ബുദ്ധിക്ക് അത് വിഷയമാകുമെന്നാണ് അങ്ങനെയാണ് ഇതിനെ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയുന്നത് അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ അതിനെ നിഷേധിക്കുകയാണ് അങ്ങനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ അത് ജനിമത്തായി അത് ഇവിടെ അജാതം അതിനെയാണ് ബോധിപ്പിക്കുന്നത് ബുദ്ധിവിഷയം ആ ഫലപത്തി അതിനെ നിഷേധിക്കുകയാണ് ശ്രീ നേരിട്ട് നിഷേധിക്കുന്നു അതൊന്നും പരമാർത്ഥമില്ല ശരി ഞാൻ സമാധിയിലൂടെ അറിഞ്ഞെന്ന് പറഞ്ഞാലോ സമാധിയിൽ ഞാൻ നിഷേധിക്കാൻ വയ്യ പക്ഷെ സമാധിയിലൂടെ നിങ്ങൾ എന്തിനെങ്കിലും അറിഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് ഇവിടെ നിന്ന് ശരി അർത്ഥാവസ്ഥ നീതി നീതി നിങ്ങൾക്ക് സമാധിയിലൂടെ പലതും അറിയാൻ പറ്റും പക്ഷെ അതല്ല ഇവിടെ വെളിപ്പെടുത്തുന്ന പരമാർത്ഥ ശ്രുതി പറയുന്നു സമാധിയിലൂടെ ഒന്നും അറിയാൻ കഴിയില്ല അറിയാൻ പറ്റും പലതും അറിയാൻ പറ്റും നിങ്ങൾ കഷ്ടപ്പെട്ട് സമാധി പോയി അറിയുന്നതിന് ഇവിടെ ഈ അറിയുന്നത് പോലെ തന്നെ ഇവിടെ നിഷേധിക്കുകയാണ് അതൊന്നും പരമാർത്ഥമല്ല നേതി നേടി ഇതി ആത്മനോ അദൃശ്യതാം ദർശയന്തിപ്രപഞ്ചം ദൃശ്യമായിരിക്കുന്നു ആത്യന്തികമായി ദൃശ്യമാകുന്ന എങ്ങനെ അത് മനസ്സിലൂടെ ദൃശ്യമായിരിക്കും അപ്പൊ മനസ്സൊരുടെ അടുത്തേ ദൃശ്യമുള്ളൂ അപ്പൊ മനസ്സിലൂടെ ദൃശ്യമാകുന്നത് അതാണ് സമാധീനം ദൃശ്യമാകുന്നത് മനസ്സിന്റെ അതിസൂക്ഷ്മമായ പരിണാമമാണത് മനസ്സ് തന്നെയാണ് സമാധി എന്ന് പറയുന്നത് അപ്പൊ അതിലൂടെ നിങ്ങൾ ദർശിക്കുന്നത് അത് ഇവിടുത്തെ ദർശനങ്ങളെല്ലാം അപേക്ഷിച്ച് വളരെ ശ്രേഷ്ഠമായിരിക്കും പക്ഷെ അതെല്ലാം ഇവിടെ പറയുന്ന ശ്രുതി പറയുന്ന പരമാർത്ഥം അതല്ല എന്തുകൊണ്ടാണ് ദർശിക്കേന്ദ്രൻ ഉപായ ഉപേയനിഷ്ഠാം അജാന അതെല്ലാം ഉപായമാണ് ഉപായങ്ങളെ സാക്ഷാത്കരിക്കാനല്ല പറയുന്നത് സമാധിയും മറ്റും നിർദ്ദേശിക്കുന്ന എന്താണ് ഉപായമെന്നുള്ള താൽപര്യത്തിലാണ് നിർദ്ദേശിക്കുന്നത് ഉപ്പേയമല്ല നിർ പരമാർത്ഥത്തിലെല്ലാ സമാധിയും ഉപേയത്തിലാണ് നിലനിൽക്കുന്നത് അതാണ് മനസ്സിലാക്കുന്നത് ഉപായങ്ങൾക്കവിടെ അതെന്തു ശരി യോഗമായാലും ശരി ത്യാഗമായാലും ശരി അതിലൂടെ അത് പരമാർത്ഥമല്ല അതിന് ഉപായസ്യ ഉപേയനിഷ്ഠതാം അജാനത എല്ലാ ഉപായങ്ങളും ആ പരമാർത്ഥ വസ്തുവിനുള്ള കേവല സ്ഫുരണമാണ് എന്നുള്ളത് അറിയാത്തവൻ അതുകൊണ്ട് ഉപായത്വേന വ്യാഖ്യാതെ ഉപേയവത് ഗ്രാഹ്യതാ മാഭവം ഉപായമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള ഒന്നിനെയും നിങ്ങൾ ഉപേയമായി ഗ്രഹിക്കരുത് ഇതി അഗ്രാഹ്യഭാവേന ഹേതുന കാരണേന നിൽക്കുന്നത് അതുകൊണ്ടിത് പരമായത് അഗ്രാഹ്യമാണ് അത് ഗ്രഹണത്തിന് വിഷയമല്ല അനുഭവത്തിന് വിഷയമല്ല സാക്ഷാത്കാരത്തിന് വിഷയമല്ല അതുകൊണ്ടെന്തുന്നു നേതം നേതമെന്നിങ്ങനെ സർവാനുഭവങ്ങളെ ഇവിടെ പ്രതിഷേധിക്കുകയാണ് സാക്ഷാത്കാരത്തിന് വിഷയമല്ല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾ സാക്ഷാത്കാരം നേടിയ ഗുരു സാക്ഷാത്കാരം നേടിയ ഞാനിന്നൊക്കെ പറയുന്നുണ്ടല്ലോ പറയുന്നത് ശരിയാണോ അതിന്റെ താൽപ്പര്യമാണ് ഇവിടെ പറയുന്നത് എന്താണ് ആ പറയുന്നതിന്റെ താൽപ്പര്യം നമ്മൾ ധരിക്കുന്നത് പോലെ ബ്രഹ്മത്തെ അവർ വിഷയമാക്കുന്നല്ല അതിന്റെ അർത്ഥം ബ്രഹ്മത്തെ അശുദ്ധമാക്കുന്നതിന് അർത്ഥമില്ല ആരുടെയെങ്കിലും അനുഭവത്തിന് വിഷയമാകുന്ന ഒന്നല്ല ഗ്രാഹ്യതാ മാഭൂ ശ്രുതിയുടെ പരമമായ താല്പര്യം അതാണ് അതിലൊരിക്കലും ഗ്രാഹ്യത്വം വരരുത് അതുകൊണ്ട് അഗ്രാഹ്യഭാവേനു ഹാണ് അത് അഗ്രാഹ്യമാണെന്നാണ് ശരി വെളിപ്പെടുത്തുന്നത് എന്നുവെച്ചറിയപ്പെടാത്തത് അറിയപ്പെടാത്തതെന്ന് പറയുമ്പോൾ അത് അജ്ഞേയമാണോ അല്ല കാരണം അത് എവിടെ ചെന്നയിരിക്കുന്നു അത് സ്വയം പ്രകാശിക്കുന്നതാണ് അത് സ്വയം ഗ്രഹണ സ്വരൂപമാണ് അതുകൊണ്ട് അതിനെ ഗ്രഹിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ശൂന്യമല്ല എന്നെടുത്ത് പറയും അതിനെ ഗ്രഹിക്കാൻ മറ്റൊന്നില്ല അതുകൊണ്ടാണ് അത് ആഗ്രാഹ്യം എന്ന് പറയുന്നത് രണ്ടാമതൊന്നുണ്ടെങ്കിൽ അതിനെ ഗ്രഹിക്കാൻ പറ്റും അതിലൊന്ന് അന്യമായി മാറി നിന്ന് അതിനെ ഗ്രഹിക്കാൻ ഇവിടെ ആരുമില്ല അത് സ്വയം പ്രകാശിച്ച് നൽകുന്നതാണ് അതുകൊണ്ടാണ് അതിനെ അനുഭവാതീതം എന്ന് ശ്രുതി എന്നെ പറയുന്നത് അനുഭവാതീതം എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം അത് സ്വയം അനുഭവമാണ് സ്വയം അനുഭവമായിരിക്കുന്നത് അനുഭവാതീതമായിരിക്കാനേ വഴിയുള്ള യുക്തി കൊണ്ട് ചിന്തിച്ചാണ് അതുകൊണ്ട് ആ പരമാർത്ഥത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് മൂർത്താമൂർത്ത പ്രകടനത്തിൽ ഇതിനെ പലതരത്തിലും വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അവസാനം പറയുന്നത് എന്താണോ ഇത് വെളിപ്പെടുത്തുന്നതല്ല ഇത് സ്വയം ഒരു വെളിവാണ് എന്ന് പറയുന്നത് അതിനുവേണ്ടി എന്താ ഉപായമായി ശ്രുതി സ്വീകരിച്ചത് നിഷേധിക്കുക സർവത്തെയും നിഷേധിക്കുക സർവ ആ നിഷേധം എന്ന് പറയുമ്പോൾ ശ്രോതാവിനെ സംബന്ധിച്ചെന്താണ് അവന്റെ കൽപ്പനകള് അവന്റെ ഭാവനകള് അവന്റെ സങ്കല്പങ്ങള് എല്ലാം അതിനെ നിഷേധിക്കുക സമാധി വരെയുള്ള സങ്കല്പങ്ങളെ നിഷേധിക്കുക അല്ലെങ്കിൽ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം ഈ പരമാർത്ഥ വസ്തു തന്നെ സമാധി അത് തന്നെയാണ് സമാധി എന്ന് പറയുമ്പോൾ ഒരു ഉപായങ്ങളെയും നിഷേധിക്കുന്നു തിരിച്ചുകളയല്ല സമാധി ഒരു ഉപായമായി അംഗീകരിക്കുന്നു ഉപായം എന്നുള്ളതല്ല സമാധിക്കുള്ള പ്രാധാന്യത്തെ അടുത്ത് പറയും സമാധി നല്ലതാണ് സമാധി ശീലിക്കാം പറയുന്നു പക്ഷെ ഇവിടെ ആ പരമാർത്ഥം എന്ന് പറയുമ്പോ അവിടെ എന്തിനെ സംബന്ധിച്ചും നേതം എന്നേ പറയാനുള്ളു അല്ല മറിച്ചാണെങ്കിലോ ഇതെല്ലാം അത് തന്നെയെന്നും പറയാം അതടുത്ത് പറയും മനസ്സിനെ പറയുമ്പോൾ അത് പറയും തതച്ച ഉപാസ്യനിഷ്ഠവ ജാനത ഉപേയസ് രൂപത്വം ഇതി തസ്യ സബാഹ്യാഭ്യന്തരം അജം ആത്മതത്വം പ്രകാശത്തെ സ്വയമേവത്മാവിനെ അറിയേണ്ട ആവശ്യം ഇല്ല എന്നെന്തുകൊണ്ട് പറയുന്നു ആത്മാവിനെ നിങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ആവശ്യമില്ലെന്നെന്തുകൊണ്ടാ പറയുന്നു ഏതെങ്കിലും ഒരു അവസ്ഥയിൽ മനസ്സിന്റെ ഏതെങ്കിലും ഒരു തലത്തിൽ ചെന്നിട്ട് അത് നിഗ്രഹീതമായ മനസ്സിലോ നിരോധിതമായ മനസ്സിലോ നിനക്ക് ഏകാഗ്രമായ മനസ്സിലോ ഏതെങ്കിലും ഒരു മനസ്സിലിതിനെ നിനക്കറിയേണ്ട ആവശ്യം വന്നതിനെന്തുകൊണ്ട് ഇതൊന്നിനെ അപേക്ഷിക്കാതെ ആരുടെയും ഒരു അഭ്യാസത്തെ അപേക്ഷിക്കാതെ സ്വയമേവ പ്രകാശത്തെ അത് നിരാലംബമായി പ്രകാശിക്കുന്നു അപ്പൊ പിന്നെ ആരെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിലൂടെ പോയി അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യം അനുപ്രകാശിപ്പിക്കാൻ പറ്റൊന്നുമില്ല ഈ പറഞ്ഞതിനെല്ലാത്തിനും സമാധാനമായിട്ടിവിടെ പറയണം അത് സ്വയമേവ പ്രകാശത്തെ തദസേവം ഉപാസ്യ ഉപായ നിശ്ചിതാമേവ ജാനത നമ്മളിതിനെ മനസ്സിലാക്കുന്നത് ലൗകികമായി മറ്റ് പലതിനെയും പല ഉപായങ്ങളിലൂടെയും ഗ്രഹിക്കുന്നത് പോലെയാണ് അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല ഒന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ഉപ്പേസിജ നിത്യേക രൂപത്വം ഇത് നിത്യേക സ്വരൂപമാണ് തസ്യ സബാഹ്യാഭ്യന്തരം അജാതം ആത്മതത്വം ഈ തത്വത്തെ ഗ്രഹിക്കുന്നവന് സബാഹ്യാഭ്യന്തരം ആയിരിക്കുന്ന അതിനെ വിശദീകരിച്ച അജമായിരിക്കുന്ന ഈ ആത്മതത്വം സ്വയമേവ പ്രകാശത്തെ അവൻ ആത്മതത്വം സ്വയം തന്നെ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ ആത്മതത്വമായി തന്നെ പ്രകാശിക്കുന്നു ആ ആത്മതത്വത്തിൽ നിന്ന് വ്യതിചരിച്ച് അവൻ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ ആത്മതത്വത്തെ പ്രകാശിപ്പിക്കാൻ അല്ലെങ്കിൽ ആത്മതത്വത്തെ വെളിപ്പെടുത്താൻ ഈ ആത്മതത്വത്തെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇവിടെ മായാമയം അവിദ്യകാര്യം എന്നെല്ലാം പറയുന്നു ഇവനെ സംബന്ധിച്ചിടത്തോളം എന്താണത് സ്വയം താനായി തന്നെ പ്രവാസിക്കുന്നത് അവിടെ ഇവനെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രുതി നേതം നേതം എന്നും നിഷേധിക്കുന്നു ആ നിഷേധത്തിലൂടെ കാര്യകാരണങ്ങളെ സർവത്തെയും നിഷേധിക്കുന്നു ശേഷിക്കുന്നത് അജാതം അജാതി അതാണ് പരമാർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത് സൂക്ഷ്മതയിൽ അതിനുഗ്രഹിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇത്രയും വിശദീകരിച്ചത് അഗ്രാഹ്യഭാവേനുജം പ്രകാശത്തെ ജന്മാതിവാക് ശത സബാഹ്യഭ്യന്തരം അജം ആത്മതൃത്വം അദ്വയം നീതി നിശ്ചിതമേത ആത്മതത്വത്തെക്കുറിച്ച് ആത്യന്തികമായ നിശ്ചയം വരണം മനസ്സിന് ബോധ്യം വരണം എന്നുള്ളത് അത് യുക്തിക്കും അനുഭവത്തിനും യോജിച്ച് വരണം അനമാനം തുടങ്ങിയ പ്രമാണങ്ങൾക്കും അത് അനുകൂലമായിരിക്കണം പക്ഷെ അതിലെല്ലാം മുഖ്യമായിരിക്കുന്നത് ശ്രുതിയാണ് ശ്രുതി കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ അത് ശ്രുതിവാക്യശതുന്നു ഇവിടെ ഇപ്പൊ പല ഉപനിഷത്തുകൾ പറഞ്ഞു ബൃഹകാരണത്തിൽ തന്നെ പല ഭാഗങ്ങളും പറഞ്ഞു ഈശാവാസ്യം കേനം തുടങ്ങിയ ശ്രുതികളെല്ലാം ഇവിടെ ഉദാഹരിച്ചു അങ്ങനെ നൂറുകണക്കിന് ശ്രുതികളിലൂടെ ഈശാ ഭാഷ്യാഭ്യന്തരം മതം ആത്മതത്വം അദ്വയം അമതത്വം അദ്വൈമാണ് അജമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ആ ശ്രുതി ബോധിപ്പിച്ച തരത്തിൽ മനസ്സിലാക്കും അല്ല നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെ നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ എന്താണ് ബ്രഹ്മ സത്യം ജഗതും മിഥ്യ എന്നാണെങ്കിൽ അത് ബോധിപ്പിക്കുന്ന ഒരു ശ്രുതിയും ഇല്ല ഇപ്പൊ ആചാര്യൻ വെളിപ്പെടുത്തിയ ശ്രുതി താല്പര്യം അനുസരിച്ച് ഇതിനെ ബോധിപ്പിക്കുന്നു ഇന്നത്തെ അന്യതാസ്തീതി നിശ്ചിതം ഏതത് ചില ചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ ശ്രുതിയിൽ ഒരിടത്തും തന്നെ ജഗത്മിഥ്യാണെന്നുള്ളതിന് ഒരു വാക്യം ഇല്ലാതെ അത് ശരിയാണ് കാലം കാരണം ജഗത് മിഥ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരർത്ഥമുണ്ട് ആ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒരു ശ്രുതിവാക്യുമില്ല പക്ഷെ ഇവിടെ ആചാര്യൻ പറയുന്ന ആ ജഗത് മിഥ്യാത്വം അതിനെ ബോധിപ്പിക്കാൻ നിറയെ ശ്രുതിവാക്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ വ്യത്യാസം ഇത് കേവലം പണ്ഡിതന്മാർക്ക് തത്വചിന്തകന്മാർക്കിത് മനസ്സിലാകത്തില്ല പരമാർത്ഥദർശികൾക്കേ മനസ്സിലാകത്തുള്ള ശ്രുതിയുടെ താല്പര്യം എന്താണ് അവർക്ക് ശ്രുതിയാണ് മുഖ്യമെങ്കിലും ഇവിടെ പറയുന്ന യുക്തിയാവ പുനർ നിർദ്ധാരിത യുക്തിയിലൂടെ ഇതിനെ ഉറപ്പിക്കാം യുക്തി എന്ന് പറയുമ്പോൾ ശ്രുതിയെ അനുസരിക്കുന്ന യുക്തി അതാ കേവലമായ യുക്തിയിലൂടെ പോയാൽ അവരുടെ അടുത്ത് എത്തത്തില്ല ഞാൻ എന്നെ നിഷേധിച്ചിട്ടുണ്ടെന്നാണ് തർക്കത്തിന് പ്രതിഷ്ഠയില്ല ശ്രുതിയെ നിങ്ങളെ അപേക്ഷിക്കാതെ യുക്തിയിലൂടെ ഈ പറയുന്ന അജാതത്തെ സമർത്ഥിക്കാൻ പോയാൽ ഈ യുക്തിജാലങ്ങളെ കടന്ന് കുടുങ്ങിപ്പോകത്തി യുക്തിക്കൊരു ദോഷം എന്താണ് ആ യുക്തിയുടെ തന്നെ ജാലത്തിൽ നിന്നും ഒരിക്കലും നമുക്ക് പുറത്തു വരാൻ പറ്റത്തില്ല അത് വളരെ വിപുലമാണ് നിങ്ങൾ യുക്തിയെ മാത്രം അവലംബിച്ചു പോയാൽ അതിന്ന് കരകയറാൻ നോക്കത്തില്ല കാരണം അത് മനുഷ്യന്റെ ബുദ്ധിക്ക് അധീനമാണ് ബുദ്ധിയുടെ താരതമ്യമനുസരിച്ച് യുക്തിയും വിപുലമായി പോകും അതുകൊണ്ടാണ് കേവലമായ യുക്തിക്ക് നിലയില്ല എന്ന് ആചാര്യസ്വാമികളും വ്യാസഭഗവാനും എല്ലാം പറഞ്ഞു അതുകൊണ്ടാണ് യുക്തി നിഷേധിക്കുന്നത് നിങ്ങൾക്ക് തത്വചിന്തയിൽ യുക്തി അപേക്ഷിക്കാം സത്യദർശനത്തിൽ യുക്തിക്ക് സ്ഥാനമില്ല എന്ന് പറയും അതൊടാത്തതുകൊണ്ടാണ് അതിന് അവസാനമില്ല അത് അനന്തമായിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ആചാര്യസ്വാമികൾ പറയുന്നത് എന്താണോ ഇവിടുത്തെ യുക്തി ശ്രുതിയെ അനുസരിക്കുന്ന യുക്തിയാണ് ആ യുക്തിയെ ഈ ശ്രുതിയുടെ പിൻബലമുണ്ട് അനുഭവത്തിന്റെ പിൻബല പിൻബലമുണ്ട് എന്നിട്ട് സത്യത്തിന്റെ പിൻബലമുണ്ടെന്നുള്ളത് സത്യത്തിന്റെ പിൻബലത്തിലാണ് യുക്തി പോകുന്നതെങ്കിൽ അത് സത്യത്തിൽ അവസാനിക്കുകയും അത് ആ യുക്തി ഉപയോഗിക്കുന്നവനെ സത്യത്തിലേക്ക് നയിക്കും എവിടെയാണോ യുക്തിയുടെ ആവശ്യമില്ലാതെ അവിടെ യുക്തി അവസാനിക്കുകയും യുക്തി ഒരു പരിധിവരെ ആവശ്യവും യുക്തിയുടെ ആവശ്യമില്ലെങ്കിൽ പിന്നെ യുക്തി അവസാനിക്കും അതുകൊണ്ട് അജീവിതത്തിന്റെ യുക്തി ഉപയോഗിക്കുന്നത് ആ പരമാർത്ഥത്തെ വെളിപ്പെടുത്തണം അവിടെ പിന്നെ യുക്തിക്ക് നിലനിൽപ്പില്ലാതെ വരുന്നത് യുക്തി അവിടെ സാർത്ഥകമായി തീരും മറിച്ചുള്ള യുക്തികൾ അത് ഇവിടെ നിഷ്പ്രയോജനമാണ് അതുകൊണ്ട് ഭാഷകാരെ യുക്തിയെയും ആശ്രയിക്കുന്നു എത്ര മാത്രം അതുമായിട്ട് പോകാമോ അതുവരെ അല്ലാതെ യുക്തി കൊണ്ട് സത്യത്തെ വെളിപ്പെടുത്താമെന്നല്ല പറയുന്നത് തദൈവ പുനർനിർദ്ധാര്യത ശ്രീ വെളിപ്പെടുത്തിയ ഒന്നിനെ തന്നെ യുക്തിക്കൊരു സമാധാനം അതിൽ തന്നെ കൊടുക്കുന്നു തത്ര ഏതു സതാഹ്യമീവ ആത്മതത്വം ഇതുവരെ പറഞ്ഞതെന്ന് എന്താണോ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് അഗ്രാഹ്യമാണോ ഇതിനനുഭവത്തിനു വിഷയമല്ല എത്ര ഉയർന്ന അനുഭവമായാലും അതിനത് വിഷയമാണ് പല ഉയർന്ന കാര്യങ്ങളും ഉയർന്ന അനുഭവത്തിനു വിഷയമാകും സ്ഥൂലമായ വിഷയങ്ങൾ സ്ഥൂലമായ അനുഭവത്തിന് വിഷയം സൂക്ഷ്മമായ വിഷയങ്ങൾ സൂക്ഷ്മമായ അനുഭവത്തിനും വിഷയം അതീന്ദ്രിയമായ വിഷയങ്ങൾ അതീന്ദ്രിയമായ അനുഭവത്തിനും വിഷയം അങ്ങനെ പലതും കൊണ്ടുമുണ്ട് അതീതം ഭാവി ഇതെല്ലാം അതീത ഭാവി അനുഭവങ്ങൾക്ക് വിഷയമാണ് ഇതൊക്കെ അസാധാരണമായ അനുഭവങ്ങളും അതിന്റെ വിഷയങ്ങളുമാണ് പക്ഷേ ആത്മതത്വത്തെ സംബന്ധിച്ച് എന്താണ് ഒറ്റയടിക്ക് പറഞ്ഞ അഗ്രാഹ്യം ഇത്തരത്തിലുള്ള സർവകല്പനകൾക്കും അതീതമാണത് ഒരു അനുഭവത്തിനും അത് വിഷയമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസതയോ ആത്മതത്വം ഇതെന്താ ഇതൊരു ശൂന്യമാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ പറഞ്ഞു വരുന്നവരൊന്നും ഇല്ലായ്മയെ കുറിച്ചാണ് അറിവും നിലച്ചു പോകുന്ന നില നില എന്ന് പറയുമ്പോൾ എന്താണത് അത് ശൂന്യമായി പോവും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ പറയുന്നു തന്ന അങ്ങനെ ധരിക്കരുത് യഥോവിന പരമാർസന്ധം ആത്മാനം ജഗന്മമായാദം അഗമയത്തി ിയെ സംബന്ധിച്ചിടത്തോളം മായാവിയിൽ നിന്ന് ഇവിടെ പലതും ഉണ്ടാകും പക്ഷെ അവിടെ ജന്മം ആ കാര്യം മായ കൊണ്ട് സംഭവിക്കുന്നതാണ് മായാമയമായി ആ കാര്യത്തെ സ്വീകരിക്കാം സത്യമായി സ്വീകരിക്കാനേ ഉള്ള ബുദ്ധിമുട്ട് എന്നും ജഗതോ ജന്മകാര്യം അതുപോലെ ജഗത്തിൻ്റെ ജന്മമാകുന്ന ഈ കാര്യം ജഗത്തിന്റെ ഉത്പത്തിയാകുന്ന ഈ കാര്യം നമ്മുടെ ഈ അനുഭവങ്ങൾ ഗ്രഹ്യമാണ് എന്തെന്തൊക്കെ അനുഭവങ്ങളുണ്ടോ എന്തിനെല്ലാം നമ്മൾ ഗ്രഹിക്കുന്നോ അതെല്ലാം മായാവിനം ഇവ ഇതൊരു പരമാർത്ഥമായൊരു നമ്മൾ പുറമേ കാണുന്ന മായാവിയെല്ലാം ഒരു പരമാർത്ഥമായ ഇതിനെയെല്ലാം ഇങ്ങനെ തോന്നിപ്പിക്കാൻ ശേഷിയുള്ളവർ മായാവിക്ക് നമ്മുടെ മുമ്പിൽ ഒരു ആനയോ കുതിരയൊക്കെ തോന്നിപ്പിക്കാൻ കഴിയും ഇല്ലെങ്കിലും അത് നമ്മൾക്ക് ഒരു തോന്നലായി നമ്മുടെ മുമ്പിൽ സത്യമായി നിലനിൽക്കും അതുപോലെ ഇതിനെയെല്ലാം സത്യമായി നമ്മമായി തോന്നിക്കാൻ കഴിയുള്ള പരമാർത്ഥമായ പരമാർത്ഥ സ്വന്തം അത് പറയുന്ന ആത്മാനം ആത്മാനം എന്ന് പറയുമ്പോൾ എന്താണ് അത് നിന്റെ തന്നെ സത്തയാണ് നിന്റെ തന്നെ സ്വരൂപമാണ് ഇവിടെ മായാവ വേറെയില്ല മായാവിയിൽ നിന്ന് അന്യമായിട്ടൊരു മായയില്ല ഇവിടെ നിന്നിൽ നിന്ന് അന്യമായിട്ടൊരു മായാവിയും ഇല്ല എന്ന് പറയുന്നത് ആത്മാനം അത് തന്നിലേക്ക് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് നിന്റെ യഥാർത്ഥ സ്വരൂപം ജഗത് ജന്മ അവിടെ ഈ ജഗത് ജന്മ ഈ ജഗത്താകുന്ന ഈ കാര്യം മായാസ്പദം അവഗമയതി മായാസ്പദമായി മായാമയമായി മായ ആശ്രയിച്ചു കൊണ്ട് ഇവിടെ തോന്നിപ്പിക്കുകയാണ് തോന്നിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിന് വിഷയമാക്കുകയാണ് നമ്മൾ ഉണർന്നിരുന്നെന്ന് നമുക്ക് പലതും തോന്നുന്നത് പോലെയുള്ള തോന്നൽ തന്നെ ഇവിടെ പറയുന്നത് നമ്മുടെ തോന്നലുകളും യാഥാർത്ഥ്യങ്ങളും എല്ലാം കൂടി ചേർന്നാണ് ഇവിടെ തോന്നലെന്ന് പറയുന്നത് നമ്മുടെ ജാഗ്രത അനുഭവങ്ങളും നമ്മുടെ സ്വപ്നവും മനോരഥങ്ങളും സങ്കല്പങ്ങളും എല്ലാത്തിനും ചേർന്നിട്ടാണ് ഇവിടെ തോന്നൽ എന്ന് പറയുന്നത് ഈ ഒരു വലിയ തോന്നലിൽ അതെല്ലാം അന്തർഭവിച്ചിരിക്കുകയാണ് നമ്മുടെ അനുഭവത്തിനും അങ്ങനെയാണല്ലോ ജഗത്ത് നമുക്ക് അനുഭവപ്പെടുന്നു സത്യമായും യും സ്ഥൂലമായും സൂക്ഷ്മമായും ഹ്രവമായും ദീർഘമായും കഠിനമായും മൃദുവായും ഇങ്ങനെ വിപരീത ഗുണങ്ങളിൽ ഈ പ്രപഞ്ചം അനുഭവപ്പെടുകയാണ് ഇതാകമാനം നോക്കിയാൽ എന്താണെന്നൊരു തോന്നലാണ് അതിനുള്ളിൽ പല തോന്നലുകൾ അനുഭവങ്ങളാണ് ജാഗ്രത തുടങ്ങി സ്വപ്നം വരെ സത്യമായും അസത്യമായും ഉള്ള അനുഭവങ്ങളാണ് അനുഭവത്തിലാണ് ഈ സ്ഥൂലതയും സൂക്ഷ്മതയും കാഠിന്യവും മൃഢത്വവും ദീർഘവും വിരസവും എല്ലാം ഇവിടെ അനുഭവപ്പെടുകയാണ് ഒരു അനുഭവത്തിൽ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം സമ്മേളിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് മായാസ്പദം മായയ്ക്കല്ലാതെ എങ്ങനെ ഈ വൈരുദ്ധ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും അതുകൊണ്ട് ഇതിന് ഒരു കാരണം പറയുകയാണെങ്കിൽ അതിന് മായയെന്നേ പറയാൻ പറ്റും വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് ചേരുന്നുണ്ട് അതിനങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നു അല്ല മായ എന്ന് പറഞ്ഞാൽ വേർനിന്തിരിക്കണ്ട അതാണ് ഇവിടെ ആചാര്യൻ വെളിപ്പെടുത്തുന്നത് ജഗത്തിന്റെ സ്വരൂപം അതാണ് നിങ്ങളുടെ അനുഭവത്തിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ജഗത്തിനെ കുറിച്ചൊന്നും പഠിക്കാൻ കഴിയില്ല ഈ ജഗത്തിന് നിങ്ങൾ സത്യമായിട്ട് തന്നെ ധരിച്ചാലും ശരി ജഗത്തിന് അസത്യമായി ധരിച്ചാലും ശരി ആ പഠനങ്ങളെല്ലാം ഇവിടെ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അതേ ഇവിടെ പറയുന്നത് ഈ അനുഭവത്തിൽ പ്രകാശിക്കുന്ന ഈ ജഗത്ത് ഇങ്ങനെ വിരുദ്ധമായി അനുഭവപ്പെടുന്നുകൊണ്ടും മയാസ്പദം എന്നതിനെ പറയാൻ പറ്റും മറ്റെന്ത് പറയാൻ പറ്റും യസ്മാനാ കാരണാത് മായാനിർമ്മിതാദികാരിഗത് ജന്മയുജ്യതേ എന്നാസ കാരണ അതു പറയുന്നു ഇത് നിന്റെ തത്തയിൽ നിന്നാണ് ഇത് പ്രകാശിക്കുന്നത് ആത്യന്തി നിന്റെ ജീവഭാവത്തിൽ നിന്നല്ല അതും അവിദ്യ കാര്യമായി കേവലമായ നിന്റെ മനസ്സിൽ നിന്നുമല്ല മനസ്സിനെ കുറിച്ച് രണ്ടുപക്ഷം പറയും ഒന്നിലധികം മായ അല്ലെങ്കിൽ ആ പരമാർത്ഥ സത്വം അപ്പൊ ഇതിന്റെ ആലംബം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് നീ തന്നെയാണ് നിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ആ പരമാർത്ഥ സത്തയാണ് ആ സത്യെ ആശ്രയിച്ചിട്ടാണ് ഈ ബോധം പ്രകാശിക്കുന്നത് വിദ്യമാനാ കാരണാ പുറമെ നമ്മൾ കാണുന്നുണ്ടല്ലോ മായാവിയും മായയും മായാവി അവിടെ സത്തായി നിൽക്കുന്നു കാരണമായി നിൽക്കുന്നു തന്റെ മായ കൊണ്ട് പലതിനെയും നിർമ്മിക്കുന്നു ഹസ്ത്യാദി കാര്യം ഹാനി കുതിരി എല്ലാം ഉണ്ടാക്കും എല്ലാം കണ്ട് അത്ഭുതപ്പെടും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മായയെക്കുറിച്ചും മായാവിയെക്കുറിച്ചും ചിന്തിക്കാതെ അത്ഭുതപ്പെടും അതുപോലെ ഈ പ്രപഞ്ചത്ത് കാണുന്നവൻ ജഗത് ജന്മ തന്റെ പരമാർത്ഥത്തെ ബോധിക്കാത്തുകൊണ്ട് ഈ പ്രപഞ്ചത്തെ കണ്ട് അത്ഭുതപ്പെടുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഇത് സത്യമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് സ്വീകരിക്കും ഇത് മായയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ബോധ്യപ്പെടും ഇത് രണ്ടും ബോധ്യപ്പെടാൻ വയ്യാതെ ഇതിനത്ഭുതത്തോട് കാണുകയാണ് എന്താ ഇതിന് കാരണം കാരണക്കാരൻ നീ തന്നെ എന്നാണ് നിന്റെ സത്യാണ് നിന്റെ സത്യെ ആശ്രയിച്ചാണ് ഈ അത്ഭുതം ഇങ്ങനെ പ്രകാശിക്കുന്നത് അല്ലാതെ ഇതൊരിക്കലും എന്ന അസുഖം കാരണം അതൊരു ശുദ്ധശൂന്യത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടിമുണച്ച് വന്നാൽ നീ സ്വയം ഒരിക്കലും ശൂന്യമാകാനും വഴിയില്ല എന്തുകൊണ്ട് നിന്റെ ഉണ്മയെ സത്യത്തെ നീ സ്വയം അനുഭവിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ശൂന്യനാണ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആ പറയുന്നതിന് ആലംബനമായിരിക്കുന്നതാണ് നീ അതാണ് നിന്നുള്ള സത്വം ഉണ്മ എന്ന് പറയുന്നത് ഒരാൾ പറയുന്നുകൊണ്ട് മാത്രം ഞാൻ ശൂന്യം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ശൂന്യമാകത്തില്ല നിന്റെ സ്വരൂപമായിരിക്കുന്ന സത്തയിൽ പ്രകാശിക്കുന്നതാണത് മായാവിയുടെ ഹസ്തിയാദികളെ പോലെ ഇത് മനസ്സിലാക്കുന്നതിന് എന്താ പ്രയാസം ഇതിനെ നീ സത്യമായി ഗ്രഹിച്ചാലും ശരി അസത്യമായി ഗ്രഹിച്ചാലും രണ്ടു ഒന്നാണ് നീ നീ മായ എന്ന് വിളിച്ചാലും ശരി ഇതിനെ ശൂന്യമെന്ന് വിളിച്ചാലും ശരി അതിനൊന്നും വ്യത്യാസമില്ല കാരണം ഇതെല്ലാ വൈരുദ്ധ്യങ്ങളും നിന്റെ അനുഭവത്തിൽ സമന്വയിച്ചിരിക്കുകയാണ് ഒരുപോലെ ചേർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിന് യോഗികൾ ജ്ഞാനികൾ മഹാത്മാക്കളെല്ലാം അസത്യമായി ബോധിക്കുന്നത് ഇത് പരമാർത്ഥമല്ലാന്ന് ബോധിക്കുന്നു പരമാർത്ഥം തന്റെ സ്വരൂപമാണെന്ന് അവരതുകൊണ്ടാണ് ബോധിക്കുന്നത് അതാണ് ഇവിടെ പറയുന്ന അജാതം എന്ന് പറയുന്നതിന്റെ താല്പര്യം അതുകൊണ്ട് ഇന്ന് തത്വദേവത്മനോജന്മ നിജതേ അതുകൊണ്ട് പരമാർത്ഥത്തിൽ ഇവിടെ ജനിക്കുന്നില്ല ഒന്നും അല്ലെങ്കിൽ എന്ത് ജനനമാണോ നിനക്ക് അനുഭവപ്പെടുന്നത് പരമാർത്ഥമല്ല രണ്ടു തരത്തിലും പറയാം നിനക്ക് അനുഭവപ്പെടുന്ന ജനനം വരണങ്ങൾ പരമാർത്ഥമല്ലെന്നോ അല്ലെങ്കിൽ പരമാർത്ഥത്തിൽ ഇവിടെ ഒന്നും ജനിക്കുന്നില്ല എന്ന് രണ്ടും പറയാം അതിന് രണ്ടാമത് വീണ്ടും പറയുന്ന അഥവാ സദോ വിദ്യ മാനസ്യ വസ്തുനോ രജ്വാദിഹി സർപ്പാധിപത് മായ ജന്മ വിജയത്തെ നതു തത്വത സത്തായിരിക്കുന്ന ഉണ്ടെന്ന് നമുക്കനുഭവപ്പെടുന്ന ബാഹ്യമായ വസ്തു രജ്വാദികളിൽ സർപ്പാദികൾ പ്രതീതമാകുന്നു അത് അസത്യമാണെന്നും ബോധ്യപ്പെടുന്നു അത് മറഞ്ഞതിനു ശേഷമാണ് പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണോ കാനൂർ ജലം പോലെ ഇത് മറയാതെ തന്നെ ബോധ്യപ്പെടുന്നു സത്യത്തെ ഗ്രഹിക്കുമ്പോൾ ഇത് മറയണമെന്ന് നിർബന്ധമില്ല മറയാ മറയാതിരിക്കും ഇത് മറയണമെങ്കിൽ സമാധി പോകണം അല്ലെങ്കിൽ സുശുദ്ധി പോകണം എന്തായാലും ജാഗ്രതത്തിലിരുന്നാൽ ഇത് മറയത്തില്ല സത്യമായി തന്നെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഇതിന്റെ സത്യത്തെ അറിയപ്പെടുന്ന ആ െ ഇത് അസത്യമായി പ്രകാശിക്കുന്ന ആ വെളുവിനെ മഹാജാഗ്രത എന്ന് പറയും ഈ ജാഗ്രത്തിൽ തന്നെ ഒരു മഹാജാഗ്രത എന്ന് പറഞ്ഞാൽ ഈ ജാഗ്രതനെയും കൂടി നിലനിർത്തുന്ന ഒരു ജാഗ്രത അത് ഏതുപോലെ കാനൽ ജലത്തിനെ സത്യത്തെ ബോധിപ്പിക്കും പോലെ രജിസർപ്പത്തില് പരമാർത്ഥം ബോധിക്കുന്നത് പോലെയുള്ള ഒരു വിളി ഒരു പ്രകാശ് സർപ്പാധിപതമായ ജന്മവിദ്യ അതിനുള്ളതെല്ലാം എന്താണോ മായ എല്ലാത്തിനും കൂടി ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ് മായ നതു തത്വതു അതുകൊണ്ട് ഇവിടെ പരമാർത്ഥത്തിൽ ജന്മസ്ഥിതിലയങ്ങൾ ഈ പ്രപഞ്ചത്തിനില്ല തഥാ അഗ്രഹ്യാപി സതോ ആത്മനോജ സർപ്പ ജഗതരൂപീണമായ ജന്മ വിജയ അതുകൊണ്ട് ഒരു കാര്യം പറയും ഈ ജഗത്തിന് സൃഷ്ടി സ്ഥിതി ലയങ്ങളില്ല എന്നൊന്ന് ഞങ്ങൾ പറയുന്നത് അതൊന്നുമല്ല അദ്വൈതം ജഗത്തുണ്ടെന്ന് സ്വീകരിക്കാം അത് നിലനിൽക്കുന്ന സ്വീകരിക്കാം പ്രളയം സ്വീകരിക്കാം സൃഷ്ടി പ്രളയങ്ങളെയൊക്കെ ഇവിടെ അനന്തമായി സ്വീകരിക്കാം അതൊന്നും സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കരുത് പക്ഷേ അതിന്റെ തത്വത്തെയാണ് സ്വീകരിക്കുന്നത് അതിനെ തത്വമായി സ്വീകരിക്കണെന്താണ് ആഗ്രാഹ്യാപി സദ നേരത്തെ പറഞ്ഞല്ലോ നീ നിനക്ക് തന്നെ അഗ്രാഹ്യമായിരിക്കുന്നു പരമാർത്ഥം എപ്പോഴും നിനക്ക് അഗ്രാഹ്യമായി തന്നെ ഇരിക്കുന്നു സമാധി പര്യന്ത ഒരു ഉപായവും അതിനെ ഗ്രഹിക്കാൻ സമർത്ഥമല്ല അതിന് അഗ്രാഹ്യാപി അത് പരമാർത്ഥമായിരിക്കുന്നീ നിന്റെ സ്വരൂപം രജിസർപ്പവത് ജഗദ്രൂപേണുമായ ജന്മയുജ്യത മരുമരീചിക പോലെ രജിസ്സർപ്പം പോലെ അതെന്നല്ല അതുപോലെ അതിന് സമാനമായി മനസ്സിലാക്കുക അതിലുള്ള ചില ഉപമങ്ങളെ മനസ്സിലാക്കുക ചില സാദൃശ്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മനസ്സിലാക്കുക അതുപോലെ ജഗദ്രൂപേണ മായയാ ജന്മയുജ്ഞത്തിൽ മായ കൊണ്ടുള്ള ജന്മം ഏതിൻ്റെ ഇവിടെ പറയുന്ന നിന്റെ തന്നെ ജന്മമാണ് എന്നാ പറയുന്നത് സതയവത്മനഹ ആത്മാനിന്റെ തന്നെ ജന്മമാണ് ഈ എന്ന് പറയുന്നത് ദ്വൈതവാദങ്ങളെ സ്വീകരിക്കുന്നവർപ്പോഴും അവർക്കിത് നിർബന്ധപൂർവ്വം അംഗീകരിക്കേണ്ടി വരും എന്താണ് അവരും പറയുന്ന എന്താണ് ഈ ജഗത്ത് ഈശ്വരന്റെ ശരീരം തന്നെ ഇവിടെ അത് തന്നെ പറയുന്നു അവരും പറയുന്ന മായ കൊണ്ടാണ് സൃഷ്ടിക്കുന്നത് ഇവിടെയും പറയുന്നു മായ കൊണ്ട് കൂടുതൽ വ്യക്തമാണെന്നേ ഉള്ളൂ ദ്വൈതം കുറച്ചുകൂടി വ്യക്തമാകുന്നതാണ് അദ്വൈതം എന്ന് പറയുന്നത് ദ്വൈതമെന്നോ വിശിഷ്ട അദ്വൈതമെന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന ദർശനങ്ങൾ അത് കുറച്ചുകൂടി നമുക്ക് സ്പഷ്ടമായി കഴിഞ്ഞാൽ അദ്വൈതമാകും അതാണ് ഇവിടെ പറയുന്നത് ആ പരമാർത്ഥ സത്തിന്റെ തന്നെ ജന്മമാണ് ഇവിടെ പക്ഷെ ആ ജന്മത്തിവിടെ പറയുന്നുണ്ട് മായയ അനുവചനീയമായ ഒരു രീതിയിലത് നമ്മുടെ ബുദ്ധി കൊണ്ട് ഒന്നും നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ജന്മം പ്രകടമാകുന്നു ഒന്നു മാത്രം അറിയാമെന്നാണ് നതു തത്വത ഇതൊന്നും പരമാർത്ഥമല്ല അദ്വൈതവും വേദാന്തമൊന്നും പഠിക്കാത്ത ഒരുവനും മനസ്സിലാവുന്ന എന്താണ് ഇതൊന്നും പരമാർത്ഥമല്ല എല്ലാം ഉണ്ടായും നശിക്കുന്നതായി എല്ലാവർക്കും അനുഭവമുണ്ട് ആർക്കിതിനെ പരമാർത്ഥമെന്ന് വിളിക്കാൻ പറ്റും അദ്വൈതി പരമാർത്ഥ എന്ന് പറയുന്നതിനാണ് ആക്ഷേപം സർവേര് സമ്മതിക്കുന്ന കാര്യമാണിത് ഇത് പരമാർത്ഥമല്ല അതെവിടെയും പറയും തത്വത അജസ്യാത്മനോ ജന്മ അതുകൊണ്ട് ഇതിന് ജന്മം ഉണ്ടെന്നും പറയും അത് ശരിയല്ല ജന്മമില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് ഇതെല്ലാം സത്യമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഇതെല്ലാം മിഥ്യാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണ് പക്ഷെ അതിന്റെ എന്ത്ഞ്ഞാലും തത്വത്തിന് മനസ്സിലാക്കണം അങ്ങനോട് പറയുന്നത് തത്വത എല്ലാത്തിനും ഒരു പരമാർത്ഥമുണ്ടാ പരമാർത്ഥിക വശത്തിനൊന്നുകൊണ്ട് ഇതിനെ മനസ്സിലാക്കണം അതാണ് ഇവിടെ പറയുന്നത് expelled ecd� files � reath human Avorock